അധ്യായം എഴുപത്തിയാറ് ഇൻസാൻ അവതരിച്ചത് ഇൻസാൻ എന്നാൽ എന്നർത്ഥം ഒന്ന് രണ്ട് മൂന്ന് സൂക്തങ്ങളിൽ മനുഷ്യനെ അവൻ്റെ യഥാർത്ഥ അവസ്ഥയെ സംബന്ധിച്ച് അനുസ്മരിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത് യിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവൻറെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു നാം അവനെ പരീക്ഷിക്കുവാനായിട്ട് അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു തീർച്ചയായും നാം അവന് വഴികാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു തീർച്ചയായും സത്യനിഷേധികൾക്ക് നാം ചങ്ങലകളും വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയും ഒരുക്കിവച്ചിരിക്കുന്നു തീർച്ചയായും പുണ്യവാന്മാർ സ്വർഗത്തിൽ ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതാണ് അതിന്റെ ചേരുവ കർപ്പൂരമായിരിക്കും അള്ളാഹുവിന്റെ ദാസന്മാർ കുടിക്കുന്ന ഒരു ഉറവുവെള്ളമത്രേ അത് അവരത് പൊട്ടിച്ചൊഴുക്കൊണ്ടിരിക്കും നേർച്ച അവർ നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യും ും തടവുകാരനും അവരത് നൽകുകയും ചെയ്യും അവർ പറയും അള്ളാഹുവിൻ്റെ വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മുഖം ചുളിച്ചുപോകുന്നതും ദുസ്സഹവുമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു അതിനാൽ ആ ദിവസത്തിന്റെ തിന്മയിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷയും പ്രസന്നതയും സന്തോഷവും അവർക്ക് അവൻ നൽകുകയും ചെയ്യുന്നതാണ് അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്കവൻ പ്രതിഫലമായി നൽകുന്നതാണ് അവരവിടെ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും വെയിലോ കൊടും തണുപ്പോ അവർ അവിടെ കാണുകയില്ല ൾ അവരുടെ അടുത്തു നിൽക്കുന്നതായിരിക്കും അതിലെ പഴങ്ങൾ പരിച്ചെടുക്കാൻ സൗകര്യമുള്ളതാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു വെള്ളിയുടെ പാത്രങ്ങളും മിനുസം കൊണ്ട് സ്ഫടികം പോലെയായി തീർന്നിട്ടുള്ള കോപ്പകളുമായി അവർക്കിടയിൽ പരിചാരകന്മാർ ചുറ്റി നടക്കുന്നതാണ് അവർ ആ പാത്രങ്ങൾക്ക് ഒരു തോതനുസരിച്ച് അളവ് നിർണയിച്ചിരിക്കും ഇഞ്ചിനീയറിന്റെ ചേരുവയുള്ള ഒരു കോപ്പ അവർക്ക് അവിടെ കുടിക്കാൻ നൽകപ്പെടുന്നതാണ് അതായത് സ്വർഗത്തിലെ സൽസബീൽ എന്നു പേരുള്ള ഒരു ഉറവിലെ വെള്ളം അനശ്വര ജീവിതം നൽകപ്പെട്ട ചില കുട്ടികൾ അവർക്കിടയിലൂടെ ചുറ്റി നടന്നുകൊണ്ടും ഇരിക്കും അവരെ നീ കണ്ടാൽ വിതറിയ മുത്തുകളാണ് നീ വിചാരിക്കും അവിടം നീ കണ്ടാൽ സുഖാനുഗ്രഹവും വലിയൊരു സാമ്രാജ്യവും നീ കാണുന്നതാണ് അവരുടെ മേൽ പച്ച നിറമുള്ള നേർത്ത പട്ടുവസ്ത്രങ്ങളും കട്ടിയുള്ള പട്ടുവസ്ത്രവും ഉണ്ടായിരിക്കും വെള്ളിയുടെ വളകളും അവർക്ക് അണിയിക്കപ്പെടുന്നതാണ് അവർക്ക് അവരുടെ രക്ഷിതാവ് തികച്ചും ശുദ്ധമായ പാനീയം കുടിക്കാൻ കൊടുക്കുന്നതുമാണ് അവരോട് പറയപ്പെടും തീർച്ചയായും അത് നിങ്ങൾക്കുള്ള പ്രതിഫലമാകുന്നു നിങ്ങളുടെ പരിശ്രമം നന്ദിപൂർവം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും നാം നിനക്ക് ഈ കുർആാനിനെ അൽപ്പാൽപ്പമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ആകയാൽ നിന്റെ രക്ഷിതാവിൻ്റെ തീരുമാനത്തിന് നീ ക്ഷമയോടെ കാത്തിരിക്കുക അവരുടെ കൂട്ടത്തിൽ നിന്ന് യാതൊരു പാപിയെയും നന്ദി കെട്ടവനെയും നീ അനുസരിച്ചു പോകരുത് നിന്റെ രക്ഷിതാവിന്റെ നാമം കാലത്തും വൈകുന്നേരവും നീ സ്മരിക്കുകയും ചെയ്യുക രാത്രിയിൽ നീ അവനെ പ്രണമിക്കുകയും ദീർഘമായ നിശാവേളയിൽ അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക തീർച്ചയായും ഇക്കൂട്ടർ ക്ഷണികമായ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു ഭാരമേറിയ ഒരു ദിവസത്തിന്റെ കാര്യം അവർ തങ്ങളുടെ പുറകിൽ വിട്ടുകളയുകയും ചെയ്യുന്നു ും നാം അവരെ സൃഷ്ടിക്കുകയും അവരുടെ ശരീരഘടന ബലപ്പെടുത്തുകയും ചെയ്തത് നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവർക്ക് തുല്യരായിട്ടുള്ളവരെ നാം അവർക്ക് പകരം കൊണ്ടുവരുന്നതുമാണ് തീർച്ചയായും ഇത് ഒരു ഉത്ബോധനമാകുന്നു ആകയാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം തന്റെ രക്ഷിതാവിങ്കലേക്കുള്ള മാർഗം സ്വീകരിച്ചുകൊള്ളട്ടെ ാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല തീർച്ചയായും യുക്തിമാനുമാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ കാരുണ്യത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നതാണ് അക്രമകാരികൾക്കാവട്ടെ അവൻ വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു